സത്യനിഷേധത്തിൽ തിടുക്കം കാണിക്കുന്നവർ നിങ്ങളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ അവർ അള്ളാഹുസുബഹാനഹുവ തായാലെ ഒട്ടും ഉപദ്രവിക്കില്ല പരലോകത്ത് അവർക്ക് യാതൊരു വിഹിതവും നൽകരുതെന്ന് അള്ളാഹുസുബഹാനഹൂവ തായാല ഉദ്ദേശിക്കുന്നു അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്